വിവാഹം കഴിക്കാൻ സാധിക്കാത്തവർ അള്ളാഹുസുബഹാനുഹുവചായാലാ തന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഐശ്വര്യം നൽകുന്നതുവരെ പരിശുദ്ധി പാലിക്കട്ടെ നിങ്ങളുടെ അധീനതയിലുള്ളവരിൽ കരാർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നല്ലവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അവർക്ക് കരാർ നൽകുക അള്ളാഹുസുബഹാനഹുവച്ചായാലാ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർക്കും നൽകുക ഐഹിക ജീവിതത്തിലെ താൽക്കാലിക ലാഭത്തിനായി പരിശുദ്ധി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പെൺ അടിമകളെ നിങ്ങൾ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത് ആരെങ്കിലും അവരെ നിർബന്ധിച്ചാൽ ആ നിർബന്ധത്തിനുശേഷം അള്ളാഹു സുബഹാനഹൂവ ചായാല ഏറെ പുറക്കുന്നവനും കരുണാനിധിയുമാകുന്നു